എല്ലാവർക്കും എന്റെ പ്രണാന്തത്വം അത്യധികം ലളിതമാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഒക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ആ ബോധം ഈ ജിഗത്തിന് മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം തന്നെയാണ് എല്ലാ സത്യദർശികളും ഏകകണ്ഠമായി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു ഇവിടെ ഇനി എന്താ സംശയം ഞാൻ ഞാൻ തൽക്കാലം വ്യക്തിശരീരത്തിൽ പ്രകടമാകുന്ന ബോധം പക്ഷേ ഈ ബോധം തന്നെയാണ് പ്രപഞ്ചശരീരത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം നമ്മളൊക്കെ ബ്രഹ്മമാണ് ഈ ലളിതമായ വേദാന്ത രഹസ്യം ഒരൊറ്റ ശ്ലോകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഏകശ്ലോകം ശ്രീ ശങ്കരഭഗവത്പാദരാണ് ആ ഒറ്റ ശ്ലോകം രചിച്ചിരിക്കുന്നത് മറ്റെല്ലാ സത്യദർശികളും ഇത് തന്നെ പറയുന്നു രമണ മഹർഷിയുടെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഹൃദയകുഹരമധ്യേ പ്രത്യഹം ബ്രഹ്മമാത്രം ഹ്യഹമഹം സാക്ഷാദാത്മരുപേണ ഭാതി ഹൃദീവിശമനസിന്വ്ജത പവനചലനോഥാത്മനിഷോ ഹൃദ്യ ഹൃദയകുഹരമധ്യേ ഹലോ മനുഷ്യ നിന്റെ ഹൃദയ ഗുഹയ്ക്കുള്ളിൽ ഹൃദയകുഹരമധ്യേ പ്രത്യഹം ഓരോ നിമിഷവും അഹം അഹം ഇതി ഞാൻ ഞാനിങ്ങനെ സാക്ഷാദാത്മരൂപേണ ഭാതി സാക്ഷാ ഇതനുഭവിക്കാൻ മറ്റൊന്നും പോണ്ടല്ലോ സാക്ഷാദ് അനുഭവം സാക്ഷാത് അനുഭവിക്കുന്ന ഈ ബോധം ഹൃദയഗുഹരമധ്യേ പ്രത്യഹം ബ്രഹ്മമാത്രം എന്താണ് ഇങ്ങനെ പ്രകാശിക്കുന്ന ഞാൻ ഞാനെന്ന് പ്രകാശിക്കുന്ന ആ ബോധം ബ്രഹ്മം ബ്രഹ്മം തന്നെ അത് മാത്രം വേറെ ബ്രഹ്മമാത്രം ഹ്യഹമഹം ഈതി സാക്ഷാതാത്മരൂപേണ ഭാത്തി എടോ സംശയമുണ്ടെങ്കിൽ ഹൃദി വിശ ആ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലു മനസ്സ എങ്ങനെ മനസ്സുകൊണ്ട് സ്വംചിഹ്ന അവനവനെ അന്വേഷിച്ച് അവനവന്റെ വ്യക്തമായ രൂപമന്വേഷിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ളൂ മനസാസ്വം ചിഹ്നത്ത അങ്ങനെ ശാസ്ത്രീയമായി അന്വേഷിച്ച് ഉള്ളിലേക്ക് കടക്കാൻ വിഷമമുണ്ടെങ്കിൽ മജ്ജതാള പവനചലനരോഥാ പ്രാണസ്പന്ദനം കുറേശ്ശ തടഞ്ഞ ആ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൽ മജ്ജനം ചെയ്യാൻ മങ്ങാൻ വേണ്ടി പ്രാണചലനം കുറേശ്ശെ തടഞ്ഞ ഉള്ളിലേക്ക് ചെല്ലൂ രണ്ടു മാർഗം സ്വംചിഹ്ന അവനവന ശാസ്ത്രീയമായി അന്വേഷിച്ചുള്ളിലേക്ക് ചെല്ലൂ വിചാരമാർഗം അത് പറ്റുന്നില്ലെങ്കിലും പ്രാണസ്പന്ദനം അതിനാണ് പലരും പ്രാണായാമവും മറ്റും സ്വീകരിക്കുന്നത് പ്രാണസ്പന്ദനം കുറേശ കുറച്ച് ആ ആനന്ദത്തിൽ മുങ്ങാൻ മജ്ജത നമ്മൾ സമുദ്രത്തിൽ മങ്ങും മറ്റും മുങ്ങുന്നില്ലേ മജ്ജതാവ ഭവനചലനരോധ അങ്ങനെ ആത്മനിഷ്ഠോ ഭവത്വം ഇത് രണ്ടും നമുക്കൊന്നും പ്രയാസമുള്ളതല്ല ആദ്യത്തെ വിചാരമാർഗം ഒട്ടും പ്രയാസമുള്ളതല്ല ഹൃദി വിശ മനസാസ്വം ചിഹ്നത എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ബ്രഹ്മം ഞാൻ ഞാൻ എന്നിങ്ങനെ പുറത്തേക്ക് പ്രകാശിക്കുന്നു ഇതേതുപോലെയാണ് വലിയൊരു ചവറ്റുകൂനയ്ക്ക് അടിയിൽ വില തീരാത്ത ഒരു രത്നം കിടക്കുന്നു എന്നൊക്കെ ആ രത്നം ഈ ചവറുകൾക്കിടയിൽ കൂടി അതിന്റെ പ്രഭ പുറത്തേക്ക് കാണിക്കുന്നു രത്നം തന്നെയാണ് പ്രഭ അല്ലാതെ രണ്ടും രണ്ടല്ല ആ പ്രഭ കാണുന്നയാൾക്ക് ഏതോ വില തീരാത്ത രത്നം ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ടെന്ന് ബൗദ്ധമാവുന്നു ഇത് കൈക്കലാക്കണം എന്ന മാർഗം രക്തമല്ലേ ചവറ്റൂനാണ് അതിൻ്റെ അടിയിലാണ് ഈ രത്നം കിടന്നിട്ടിങ്ങനെ അതിൻ്റെ കിരണം പുറത്തേക്ക് കാട്ടത്തത് ചവറ് മാറ്റൂ കുറേ ആ ചവർ അവരെ ഒന്നും മാറ്റൂ മാറ്റിയാൽ മാറും ചവറ രത്നമല്ല കുറേ ചവറിങ്ങനെ ആവശ്യമായിട്ട് ഒന്ന് കയറിപ്പോവേയും ആരൊക്കെ കൊണ്ടിട്ടുള്ളതാണ് എന്തായാലും ആ ചവറ് മാറ്റിക്കഴിയുമ്പോൾ ശുദ്ധമായ രത്നം കയ്യിൽ കിട്ടും ഇത്രയുള്ളൂ ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ശ്രീ ശങ്കരഭവത്മാകൽ മറ്റൊരു ഉദാഹരണം പറയുന്നു ഒരു നിധി കുഴിച്ചിട്ടിരിക്കുകയാണ് തറയിൽ കുഴിച്ചിട്ടിരിക്കുന്നു നല്ലൊരു കുഴിയെടുത്ത് ആ കുഴിയുടെ അടിയിൽ ഒരു നിധി എന്നിട്ട് മണ്ണക്കേട്ട് മൂടി ആ നിധിയുടെ പുറത്ത് നല്ലൊരു കല്ലും എടുത്തു വച്ച് അടയാളം നമുക്ക് എപ്പോഴും വന്നാലും ഈ നിധി എവിടെയാണ് ഇരിക്കുന്നതെന്നറിയണം ഒരു കല്ലും എടുത്തു വെച്ച് നിധി കുഴിച്ചിട്ടവർ സ്ഥലം വിട്ടു ഈ നിധി ഒരാൾ കേൾക്കണം എന്താ മാർഗം വ്യക്തമല്ലേ ആദ്യം കല്ല് മാറ്റണം പിന്നെ മണ്ണ് മാറ്റണം നിധി അകത്തിരിക്കുന്ന നെറ്റിയെടുക്കാൻ കഴിയും പക്ഷേ കല്ലും മണ്ണും മാറ്റാതെ നിധിയെടുക്കാൻ പറ്റില്ലല്ലോ ഭഗവത്പാദർ പറയുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരമാത്മനിധി ആനന്ദഘനമായ പരമാത്മനിധി ഇരിക്കുകയാണ് അതിനു മുകളിൽ മനസ്സാകുന്ന മണ്ണ് നിറച്ചിട്ട് ഒരു കല്ലും എടുത്തുവച്ചിരിക്കുകയാണ് ഈ കല്ല് ശരീരം ശരീരം തന്നെയാണ് കല്ല് അപ്പൊ ഭഗവത്പാദ പറയുന്നു ആദ്യമായി ദേഹോബല അപാകൃത്യ ദേഹമാകുന്ന കല്ലിനെ മാറ്റിവെക്കൂ ആദ്യം അപ്പൊ സാറേ അതൊക്കെ ഇപ്പൊ ഈ നിധിയുടെ കാര്യത്തിൽ നമുക്ക് കല്ലൊക്കെ മാറ്റാം പക്ഷേ ഈ ബ്രഹ്മനിധിയുടെ മുകളിലിരിക്കുന്ന ീ ദേഹമാകുന്ന കല്ലിനെ നീ എങ്ങനെയാണ് മാറ്റുക അവിടെയാണ് നിശ്ചയിക്കൂ നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളല്ലേ ഞാൻ ദേഹമല്ല തീരുമാനിച്ചാൽ മതി അല്ലാതെ ഇപ്പം ദേഹത്ത് എവിടുന്നെടുത്ത് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റില്ല ഞാൻ ദേഹമല്ല എന്തുകൊണ്ടല്ല ഞാനുണ്ട് ഉണ്ട് എന്ന രാവുകൾ അനുഭവപ്പെടുന്ന ബോധം എങ്ങനെ ദേഹമാവും ഡമാണ് അതിന് സ്വയം ഉണ്ടെന്ന് പോലും അനുഭവമില്ല അതുകൊണ്ടാണല്ലോ ബബോധം ഇറങ്ങിപ്പോകുമ്പോൾ ജഡത്ത് പ്രാണനർപ്പുകളെ സ്നേഹിച്ചിരുന്ന ആളുകൾ അഗ്നിയിലരിച്ച് ചമ്പലാക്കുന്നത് അവർക്ക് വ്യക്തമാണ് ദേഹം അല്ല ആത്മാവ് അപ്പം ദേഹോ ബലം അപാകൃത്യ ദേഹമാകുന്ന കല്ലെടുത്തു മാറ്റൂ ുന്ന കല്ല് മാറ്റുന്നത് ദൃഢമായി തീരുമാനിക്കൂ ഞാൻ ദേഹമല്ല മാറിക്കഴിഞ്ഞു കല്ല് മാറ്റുന്നത് അങ്ങനെയാണ് ദേഹവോ ബലം അപാകൃത്യ അത് കഴിഞ്ഞു അപ്പോൾ കല്ല് മാറ്റി ഇനി എന്താ മനസ്സാകുന്ന മണ്ണ് കുടിക്കണം അത് ബുദ്ധി ഉണ്ട് ഞാൻ ദേഹമല്ല എന്നുറപ്പായി ഗുരുപദേശം കൊണ്ടും ശാസ്ത്ര പഠനം കൊണ്ടും ഞാൻ എന്തായാലും ഈ ചില ദേഹമല്ല ബോധമാണ് എന്നുറപ്പായി അപ്പൊ ദേഹോബലം അപാകർത്യ ഈ സത്യബോധം ഉറപ്പുവന്ന ബുദ്ധി കൃഷ്ണൻ ഗീതയിലുടനീളം പറയും ബുദ്ധവും ശരണമന്വിച്ച അർജുന സത്യബോധം ഉറപ്പുവന്ന ബുദ്ധിയെ ശരണം പ്രാപിച്ചു ഭഗവത്പാദർ പറയുന്നു ബുദ്ധി കുന്താലകാത് ബുദ്ധിയാകുന്ന കുന്താലി ഈശ്വരൻ ബോധമാണ് ഞാനൊരിക്കലും ഈ ജടശരീരമല്ല എന്ന് ഉറപ്പുവന്ന ആ ബുദ്ധിയാകുന്ന കുന്താലി കൊണ്ട് ഖാത്വാ മനോഭുവം മനസ്സാകുന്ന മണ്ണിനെ കുഴിച്ചെടുക്കുക കുറേശ് ഖാത്വാ മനോഭുവം ഭൂയോ വീണ്ടും വീണ്ടും കുഴിക്കണം ആദ്യം കുറച്ചു കുഴിച്ചപ്പോ നിധി കണ്ടില്ല കരൾ മണ്ണ് കൂടുക ഇട്ടിരിക്കുന്നേ അതിനിടയ്ക്ക് ചില കല്ലും ഒക്കെ കിടപ്പുണ്ട് കത്വ മനോഭവം ഭൂയോ വീണ്ടും വീണ്ടും അതിനെ കുഴിക്കണം അതിപ്പോ സാറേ നിധി നമുക്ക് കുഴിച്ചെടുക്കാം പക്ഷേ ഈ മനസ്സാവുന്ന മണ്ണിനെ കുഴിക്കുന്നതെങ്ങനെ നേരത്തെ പറഞ്ഞ ഏർപ്പാടാണ് മറ്റൊന്നും എളുപ്പമല്ല ഈ പ്രാണചലനം കൊണ്ട് സങ്കൽപ്പനിരോധമൊക്കെ പറയാം ഈ എളുപ്പമല്ല പിന്നെ എന്താ എളുപ്പം ഇത് ഈ മണ്ണും ഇവിടെ നിധി പോലല്ല സാധാരണ നിധി പോലല്ല ബ്രഹ്മനിധിയിലെ ഒരു വെറും ഭ്രമമാണ് മനസ്സാകുന്ന മണ്ണ് മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലുള്ള ഭ്രമം അല്ലെങ്കിൽ ഒരു കയറിൽ സർപ്പത്തെ കാണുന്നത് പോലുള്ള ഭ്രമം അപ്പോൾ എന്താ ഇത് തീരുമാനിക്കൂ ഇതൊക്കെ ഗുരുവിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ശാസ്ത്രം പഠിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഈ മനസ്സാകുന്ന മണ്ണും ബോധമായ ബ്രഹ്മത്തിലെ ഒരു ഭ്രമമാണ് ഇല്ലാത്തതാണ് ഉണ്ടെങ്കിൽ ബ്രഹ്മം തന്നെ എന്താ മരുഭൂമിയിൽ കാനൽ ജലം ഇല്ലാത്തതാണ് പക്ഷെ ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് മരുഭൂമി തന്നെ സത്യം കണ്ടയാളിന് എത്ര ദൂരെ മാറി വെള്ളം കണ്ടാലും അത് മരുഭൂമിയാണെന്ന് അല്ലാതെ അവിടെ ഒരിക്കലും വെള്ളമില്ല അത് ഗുരു നമുക്ക് പറഞ്ഞിരുന്നു ഏ ഇതൊക്കെ ബ്രഹ്മമാണ് തൽക്കാലം നിങ്ങൾക്ക് വേറെ വേറെ എന്ന് തോന്നുന്നത് ഭ്രമമാണ് അപ്പോ മനസ്സാകുന്ന മണ്ണിനെ കുഴിക്കണം മനസ് വരുന്ന ഓരോ വിചാരങ്ങളും ഓരോ വികാരവും ഒക്കെ ബ്രഹ്മൻ തന്നെ എന്ന് തീരുമാനിക്കണം ഞാനിതെടുത്തു പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊന്നും പിടിയിട്ടില്ല എങ്ങനെയാണ് ഈ ബുദ്ധിയാകുന്ന കുന്താൽ കൊണ്ട് അതാണ് ബുദ്ധിയാകുന്ന കുന്താൽ കൊണ്ട് ബുദ്ധി തുടപ്പിച്ചിട്ടുണ്ട് കൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നതാണ് എടോ എല്ലാ കർമ്മം ചെയ്യുമ്പോഴും ചേതസ് സർവകർമാണി മൈസന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മഞ്ചിത്തസതംഭവ സകലകർമ്മങ്ങളും ചെയ്തുള്ളൂ പക്ഷേ ചേതസ്സുകൊണ്ട് അവ എന്നിലർപ്പിക്കണം ബ്രഹ്മയജ്ഞം എന്നിലർപ്പിക്കണം എന്നിട്ട് ബുദ്ധിയോഗമുപാശ്രിത്യ ബുദ്ധിയോഗം എല്ലാം ബ്രഹ്മം സർവം ഖല്യുതം ബ്രഹ്മം എന്നു ഉപനിഷത്തുകൾ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു ആ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതസംഭവ മനസ്സിലെന്തോ കയറി വരട്ടെ എന്ത് കയറി വന്നാലും ബ്രഹ്മം ചിലർ ചോദിച്ച സാർ ധീരെ അധാർമ്മികമായ ചിന്തകളൊക്കെയാണ് നമുക്ക് ആവശ്യമുണ്ടായിട്ടില്ല മനസ്സ് കയറി വരുന്നു വീടോ ഒരു സാരമില്ല കയറി വരട്ടെ എവിടുന്ന കയറി വരുന്നത് ബോധത്തിൽ നിന്ന് ബോധത്തിൽ നിന്നങ്ങനെ ഒന്ന് വരാൻ സാധ്യമല്ല അപ്പൊ ഇത് വെറും ഭ്രമമാണ് അതും ബ്രഹ്മമാണെന്ന് തീരുമാനിക്കൂ മറ്റത് പാപചിന്തയാണ് അയ്യോ ഞാൻ പാപം ചെയ്തോ എനിക്ക് ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകുമോ അതിന് ഇപ്പം എന്താ മാർഗം ആരാ കാണേണ്ട ഇങ്ങനെ ഭ്രമമാണ് ഒന്നും പേടിക്കേണ്ട ബ്രഹ്മത്തിൽ നിന്നല്ലാതെ നല്ല ചിന്തയോ ശീത്ത ചിന്തയോ ഒന്നും വരാൻ സാധ്യമല്ല ഒക്കെ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് അവരൊക്കെ തന്നെ ബോധമാണ് ബ്രഹ്മമാണ് സർവംഖല്യുതം ബ്രഹ്മ കിം വചനീയം കിം അവചനീയം എന്ത് പറയാൻ എന്ത് പറയാതിരിക്കാൻ സർവം ബ്രഹ്മമായും ഇതങ്ങോട്ട് തീരുമാനിക്കും പേടിക്കേണ്ട യമുള്ളവർക്ക് സത്യത്തെ അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും സാധ്യമല്ല അപ്പോ അതെന്ന് തീരുമാനിക്കുക ഇതാണ് അത് ബുദ്ധി ബുദ്ധിയാകുന്ന എല്ലാം ഈശ്വരനാണെന്ന് ഉറപ്പുവരുത്തിയ ബുദ്ധി കൊണ്ട് കാത്വ മനോഭവം മനസ്സാകുന്ന മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി വെച്ചാൽ ആ മണ്ണ് ഓരോന്നും കുഴിച്ചെടുക്കുമ്പോൾ ഒക്കെ ബ്രഹ്മം നിർമ്മിക്കുക ഭൂയോ വീണ്ടും വീണ്ടും കുഴിച്ച് ഗൃഹിയാൽ മാം നിധിം ഞാനാകുന്ന നിധിയെ പുറത്തെടുക്കൂ അങ്ങനെ പുറത്തെടുത്താലോ അതങ്ങനെ പുറത്തേക്ക് വേർതിരിഞ്ഞു വരും തോറും എന്താ മനസ്സിലാകുന്നത് ഞാൻ ബ്രഹ്മം സർവത്വം നിറഞ്ഞിരിക്കുന്നു ഞാനല്ലാതെ മറ്റ് ഒന്നുമില്ല ഒന്നും വാശിഷ്ടമൊക്കെ പറയുന്നു അയമേവമഹമിത്യന്ത സങ്കോചയെ വിലയങ്കത്തെ സമസ്തഭുവനവ്യാപി വിസ്താര ഉപചായത്തെ രാമ ഞാനീ ശരീരമാണ് എന്ന ആ സങ്കോചം ചുരുങ്ങൽ മാറിയോ നീ ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കൂ സർവത്രമറിഞ്ഞു നിൽക്കുന്നു ഞാൻ ശരീരമല്ല ശരീരവും ബ്രഹ്മം തന്നെ ഒരു പക്ഷേ ശരീരം കാണുന്നുണ്ടെങ്കിൽ ഭ്രമം അതും ബ്രഹ്മം അന്തിമ വിശേഷണത്തിൽ അങ്ങനെ ഞാനീ ശരീരമാണെന്ന സങ്കോചം ചുരുങ്ങൽ ഒന്ന് മാറിക്കിട്ടിയാൽ സമസ്ത ഭുവനവ്യാപി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന അഖണ്ഡബോധമാണ് ഞാൻ എന്നനുഭവിക്കാറാവും അല്പമൊന്ന് പ്രയത്നിച്ചാൽ ഈ അനുഭവം ആർക്കും നേടാം അത് വയ്യാന്ന് വെച്ചാലോ വകൻ പരക്കം പായുക ഈശ്വരനെ അന്വേഷിച്ച് ഞാനീശ്വരനാണ് എന്റെ കളങ്കങ്ങളൊന്നും മാറ്റിയാൽ മതി അത് മാത്രം ആർക്കും വയ്യ വേണമെങ്കിൽ കൈലാസത്ത് പോവും വലിയ അവിടെയൊക്കെ പോകേണ്ടൊന്നും പറയുന്നില്ല കഠിനമായ തണുപ്പ് ഭീകരമൃ അതൊക്കെ സഹിച്ച് കണ്ടമാനം പണവും ചെലവാക്കി അവിടെ പോവും ഇവിടെ പോവും തിരിച്ച് വീട്ടിൽ വന്നാലോ അതേസമയത്ത് ഇതും കൂടെ ഓർമ്മിച്ചുകൊണ്ടിവിടെ വേണോ പോ മനോഭവം ഭൂയോ ഗ്രഹീയാ മാം നിധിം പുനഃ എന്നിട്ട് ആ നിധിയെടുക്കൂ ഇതാണ് മജ്ജതാവാ അല്ല ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷണദാത്മരൂപേണ ഭാതി ഹൃദിവിശമനസ എന്ന് രമണ മഹർഷി പറയുന്നത് ഈ പ്രക്രിയ ഒരുപക്ഷെ ഇത് പ്രയാസമൊന്ന് തോന്നിയാൽ മജ്ജതാവാ ഭവന ചലനരോധ പ്രാണായാമമൊക്കെ നല്ലവണ്ണം അഭ്യസിച്ച് പ്രാണനെ ഒന്ന് തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആ പ്രാണനിൽ സർവത്ര ആനന്ദം പ്രസവിച്ച് അനുഭവിക്കാറാവും അപ്പോഴാണ് ഈ കുണ്ടലിനി പ്രാണപ്രസരം എന്നൊക്കെ പറയുന്നത് അത്യന്തം സുഖാവഹമായി ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയും പക്ഷേ ഇതുപോലെ എളുപ്പമല്ല പ്രാണായാമമൊക്കെ നല്ലൊരു ഗുരുവിൻ്റെ സന്നിധിയിലിരുന്ന് പഠിക്കണം എന്തെങ്കിലും അപകടത വന്നാൽ വലിയ കുഴപ്പമാണ് വേണ്ടാത്ത സൂക്കുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നും ഞാനൊരു ഒരിക്കൽ തലശൈലികളൊക്കെ പോയപ്പോൾ ഒരാൾ വല്ലാത്ത തലവേദന സകല ഡോക്ടർമാരെയും കണ്ടു പക്ഷേ തലവേദന അവർക്ക് പിടികിട്ടുന്നില്ല ഇതെന്ത് തലവേദനയാണെന്ന് ഇഷ്ടമില്ല അപ്പൊ ഞാൻ അവരൊഴിച്ച് നിങ്ങൾ വല്ല ധ്യാനവും ശീലിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ ചോരിൽ ഒരു കറുത്ത പുള്ളിയിട്ടിട്ട് അതിലെങ്ങനെ നോക്കി ഞാൻ ധ്യാനിക്കാറുണ്ട് സാർ ഞാൻ കുറേയൊക്കെ ധ്യാനിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ നിന്നും രണ്ടടി ഉയർന്നു നിൽക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നും ആ ഞാൻ പറഞ്ഞു കാര്യം അത് തന്നെ നിങ്ങൾ ഉടനീർപ്പാട് നിർത്തുക അല്ലെങ്കിൽ ഈ തലവേദന മാറില്ല അത് അതൊക്കെ ഒരു നല്ല ഗുരുവിൽ നിന്നും ചിലകാലം അഭ്യസിക്കേണ്ടതാണ് അതൊന്നും ഒരു സാധാരണക്കാർക്ക് ഈ പ്രാണായാമമോ ഈ ചിലകാല അഭ്യാസമോ ഒന്നും എളുപ്പമല്ല നേരെ മറിച്ച് ഇത് ആർക്കാ പാടില്ലാത്ത അത് പ്രാണായാമം ശീലിക്കണമെങ്കിൽ പ്രത്യേകം സ്ഥലം വേണം പ്രത്യേകം ആസനം തയ്യാറാകണം ഇങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് നേരെ മറിച്ച് മനസ്സിൽ വരുന്ന സൈവ ചിന്തകളും ആ ജഗുതീശ്വരൻ തന്നെ ബ്രഹ്മമാണ് എന്നുറപ്പിക്കാൻ എന്താ തടസ്സം വലിയ ഗുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഗുരു അറിയാവുന്ന ആളുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംശയങ്ങൾ മാറ്റിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും അത്രയുള്ളൂ പക്ഷേ ഇതൊക്കെ ബ്രഹ്മമാണ് എന്നുറപ്പിക്കേണ്ടത് അവനവൻ തന്നെയാണ് ബുദ്ധരേത് ആത്മനാത്മാനം പറയുന്നു നെയ് നിന്നെ ഉദ്ധരിക്കൽ ഇത് ഇവിടെ പാടില്ലാത്തത് അടുക്കളയിൽ നിൽക്കുമ്പം ശീലിച്ചൂടെ മറ്റാരോടും പറയണ്ട ഓക്ക ബ്രഹ്മം വെള്ളവും ബ്രഹ്മം തീയും ബ്രഹ്മം അമിക്കല്ലും ബ്രഹ്മം പച്ചക്കറിയും ബ്രഹ്മം ഞാനും ബ്രഹ്മം അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ ഇത്രയും പറഞ്ഞാലും പിന്നീട് അന്ധവിശ്വാസമാണെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക അവിടെയാണ് നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ രഹസ്യമായിട്ട് ഇതൊന്ന് അഭ്യസിച്ചു നോക്കൂ ഒക്കെ ബ്രഹ്മം അപഭേദയുന്തയും രാഗദ്വേഷവും ഒക്കെ പോവും ആനന്ദം എങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം നമ്മളാണെന്ന് തെളിയും അതാണ് പവന ചലന രോധ ആത്മനിഷ്ഠവോ ഭവത്വം ഇതാണ് രമണ മഹർഷിയുടെ പ്രസിദ്ധമായ വേദാന്ത പ്രക്രിയ ഇത് തന്നെ മറ്റെല്ലാവരും പറയുന്നു ശ്രീശങ്കര ഭഗവത്പാദൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു യാ തിര്യം നരദേവതാഭിഗിത്യന്തസ്ഫുടാഗൃഹ്യത്തെ യാരദേവതാഭിഹി മൃഗങ്ങളെന്നില്ല മനുഷ്യരെന്നില്ല ദേവന്മാരെന്നില്ല അവരെല്ലാവരും ഉള്ളിൽ സ്ഫുടമായി സ്പഷ്ടമായി ജാൻ ജാനന്നിങ്ങനെ അനുഭവിക്കുന്നു യാരയവതാഭിരാഹം ഇത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ ഞാൻ ജാനന്നിങ്ങനെ ഉള്ളിൽ സ്ഫുടാ സ്ൃഹ്യത്തെ യാസാ ഹൃദയ അക്ഷതയഹ വിഷയാസ്വത്തോ അചേതാ പ്രാണൻ ബുദ്ധി ഇന്ദ്രിയങ്ങൾ ശരീരം ഈ ജഗത്ത് ഈതൊക്കെ ജടങ്ങളാണ് ആ ജടങ്ങൾക്ക് സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കാനേ സാധ്യമാകുന്നില്ല പിന്നെ അവ പോലും ഉള്ളതായി തീരുന്നത് ഈ ഞാനിന്റെ പശ്ചാത്തലത്തിലാണ് ഒന്നാലോചിച്ചു നോക്ക ഞാൻ എന്ന ബൗദ്ധസ്ഫുരണം ഇല്ലയോ ഇതാവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക ഞാൻ ഞാനെന്ന ബൗദ്ധസ്ഫുരണമില്ലയോ ഹൃദയ അക്ഷദേഹവിഷയാഹ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ശരീരമോ ജടവിഷയങ്ങളോ ഒന്നും പ്രകാശിക്കില്ല ഈ ജ്ഞാനിന്റെ പ്രകാശത്തെ തുടർന്നാണ് ഹൃദയ അക്ഷദേഹവിഷയാഹ പാമ്പി സ്വതോ അചയതനാഹ ഹൃദയം തുടങ്ങിയവയൊക്കെ സ്വത ജടങ്ങളാണ് ജടങ്ങൾക്ക് സ്വയം ഉണ്ടെന്ന് പോലും അനുഭവിക്കാൻ സാധ്യമല്ല യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഹ ഫാന്തിസ്വത്തോ അചയതാം ഭാഷ്യ പിത അർക്കമണ്ഡലനിഹാംഫൂർത്തിം അത് ഈ ഞാനെന്ന് ആ സ്ഫുരണം വലിയൊരു സൂര്യമണ്ഡലത്തെ പൂർണ്ണപ്രകാശമയമായ സൂര്യമണ്ഡലത്തെ മേഘങ്ങൾ മറയ്ക്കുന്നത് പോലെ ഈ ഞാനിനെ ഈ ദൃശ്യങ്ങളൊക്കെ കൂടെ മറച്ചിരിക്കുകയാണ് ബുദ്ധി ിയങ്ങൾ ശരീരം വിഷയങ്ങൾ എന്ന ഈ ദൃഢ ദൃഢദൃശ്യങ്ങൾ ഈ ആത്മനിധിയെ മറച്ചിരിക്കുന്നു സൂര്യന് മേഘങ്ങൾ മറയ്ക്കുന്നത് പോലെ താം ഭാസ്യേ കിഹിത അർക്കമണ്ഡല നിഭാം സ്ഫൂർത്തിഹിത അർക്കമണ്ഡല നിഭാം ദൃശ്യങ്ങൾ ആളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സൂര്യമണ്ഡലത്തിന് തുല്യമായി സ്ഥിതി ചെയ്യുകയാണ് ഈ ഞാൻ എന്ന ബ്രഹ്മം നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയുള്ള സൂര്യനെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ സദാഭാവയൻ യോഗി യോഗി അതിനെ സദാഭാവന ചെയ്യുന്നു എങ്ങനെ എല്ലാം അത് തന്നെ എന്ന് ഭാവന ചെയ്യുന്നു ഞാനീ കാണുന്ന എല്ലാം കാരണം അതില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ബുദ്ധിയുമില്ല ശരീരവുമില്ല ഇന്ദ്രിയങ്ങളുമില്ല വിഷയങ്ങളുമില്ല ഒന്നുമില്ല താം യോഗി സദാ ഭാഷ ഗൃഹിതർക്കമണ്ഡലനിഭം സ്ഫൂർത്തി സദാഭാവയെന്ന് എപ്പോഴും ആ പ്രകാശത്ത് ഭാവന ചെയ്യുന്നു എങ്ങനെ ആ പ്രകാശമാണ് ഈ കാണുന്നതൊക്കെ ആ പ്രകാശമില്ലെങ്കിൽ ഇവിടെ നല്ലതുമില്ല ചീത്തയുമില്ല ധർമ്മവുമില്ല അധർമ്മവുമില്ല ഒന്നുമില്ല സദാഭാവയൻ യോഗി ഈ ഭാവന വരുമ്പോ നിർവൃതമാനസോഹി നിർവൃതി കൊണ്ട് സ്വയം മറക്കുക നിർവൃതി അതിലില്ലാത്ത ആനന്ദം എന്താ കാര്യം രണ്ടാമതൊരു വസ്തുവില്ല ഭേദഹിന്തയോ രാഗദ്വേഷമോ പിന്നെ എവിടുന്ന് കേൾവരാനാണ് വിഹിതർക്കമണ്ഡല നിഭാം സ്ഫൂർത്തിൻ സദാഭാവയൻ യോഗി നിർവൃതമാനസോഹി ഗുരുരിത്യേഷ മനീഷ മമ അങ്ങനെയുള്ള ഒരു യോഗി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ഗുരു അദ്ദേഹം ജനിച്ച ജനിച്ചത് ചണ്ടാലഗൃഹത്തിലോ ബ്രാഹ്മണഗൃഹത്തിലോ എവിടെയോ ആകട്ടെ അദ്ദേഹമാണ് എന്റെ ഗുരു ഏഷാ മനീഷാ മമ ഇതെൻ്റെ സുനിശ്ചിതമായ പ്രഖ്യാപനമാണ് എന്നാണ് ശ്രീ ശങ്കർഭവക്പാദ പറയുന്നത് അപ്പോ സത്യം കണ്ടിട്ടുള്ള എല്ലാവരും രമണ മഹർഷി പിന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഉപനിഷത്തിലോ ഉപനിഷത്തിലൊക്കെ ഇത് തന്നെ പറയുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ബോധമാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അടുത്തു പറയുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നാൽ ഞാൻ ബോധമാണ് അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ് തത് തോമസി നീ അതാണ് കുഞ്ഞെ എന്താ നീ ബോധമാണ് ബോധമില്ലെങ്കിൽ നീ ഇല്ല ഇതൊക്കെ ഏത് കുഞ്ഞിനും ഗ്രഹിക്കാവുന്ന കാര്യമല്ലേ അയമാത്മാ ബ്രഹ്മ ഈ ജീവികളായി കാണുന്ന സകലരുടെയും ആത്മാവ് ബ്രഹ്മമാണ് അതാണ് നാല് മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ജ്ഞാൻ ബ്രഹ്മമാണ് തത് തുമസി നീ അതാണ് അയമാത്മാ ബ്രഹ്മ ഈ ജീവികളായി കാണുന്ന സകലതു അമീപ് മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മമാണ് എന്തുകൊണ്ട് ഒക്കെ ഞാനുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധമാണ് ആ ഞാൻ പോയാൽ പിന്നെ ഒന്നുമില്ല ഇതാണ് വസ്തുത അപ്പൊ ഈ തൊന്ന് ഒന്ന് ചിന്തിച്ച് ഗ്രഹിക്കുക ബാക്കി എവിടെ വേണോ പോവുകയോ വരികയോ എന്ത് വേണോ ചെയ്യുക പക്ഷെ ഈ ലളിതമായ സത്യം ഞാൻ ബ്രഹ്മമാണ് ധൈര്യം വേണം പേടിക്കരുത് അയ്യോ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിവൻ കോപിക്കുമോ അല്ലെങ്കിൽ ക്രിസ്തുവിന് ദേഷ്യം വരുമോ അല്ലെങ്കിൽ നബി ബുദ്ധൻ ഇവരൊക്കെ ആകപ്പാട് നമ്മോട് പെടുന്നു അവരൊക്കെ ബ്രഹ്മമാണ് സകലരും ആര് പിണങ്ങ് ആരുടെ പിണക്കവും ഉള്ളിൽ കരുതരുത് ധീരമായി ഓർമ്മിക്കുക ഞാൻ ബ്രഹ്മമായതുകൊണ്ട് മറ്റെല്ലാം ബ്രഹ്മമാണ് ഇത് ഇക്കാര്യം അത്യന്തം യുക്തിയുക്തമായി പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമാണ് ഏകശ്ലോകി ഒരു ഗുരു സത്യമന്വേഷിച്ചിരുന്നു ആ ഗുരു എനിക്ക് സത്യം ഉപദേശിക്കണം അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു അല്ല ആദ്യം സത്യം ഉപദേശിക്കുകയല്ല ചെയ്തത് കിം ജ്യോതിസ്തവ ഇതാണ് ഏകശ്ലോകി കിം ജ്യോതിസ്തവ ചോദ്യം കുഞ്ഞെ നിനക്ക് ഈ ജഗത്തിനെ അനുഭവിക്കാം എന്താണ് വെളിച്ചം കിം ജ്യോതിസ്തവ അതാണ് അത് വളരെ ശിഷ്യൻ പറഞ്ഞു ഭാനുമാൻ അഹനിമേ രാത്രവും പ്രദീപാധികം പകൽ സൂര്യനാണ് എനിക്ക് ഈ പ്രപഞ്ചത്തെയൊക്കെ അനുഭവിക്കാനുള്ള വെളിച്ചം രാത്രവും പ്രദീപാധികം രാത്രിയിൽ വെളിച്ചം ദീപം അഗ്നി അപ്പോ ഗുരു പറഞ്ഞു അത് ശരി നീ പറയുന്നത് ശരി സ്യാദേവം ആയിക്കോട്ടെ ദ്രോസമില്ല രവി ദീപദർശനവിധവും കിംജ്യോതിഹി എടോ അത് ശരി ഈ സൂര്യനെയും അഗ്നിയെയും ദർശിക്കാൻ നിനക്കെന്താ വെളിച്ചം രവി ദീപദർശനവിധവും കിം ജ്യോതിഹി രവിയെയും ദീപത്തെയും ദർശിക്കാനുള്ള നിന്റെ ഗ്രന്ഥാണ് കെഞ്ജ്യോതിരാഖ്യാഹിമേ എന്നോട് പറയൂ കാര്യം സ്വഷ്ടം ചക്ഷുഹോ ഉത്തരവും കോടം കിട്ടി എന്തൊക്കെയാണ് കണ്ണാണ് എനിക്ക് ഇവരെയൊക്കെ സൂര്യനെയും അഗ്നിയെയും ഒക്കെ ദർശിക്കാനുള്ള വെളിച്ചം തക്ഷു അത് ശരി സസ്യ നിമീലനാദിസമയക്കും പക്ഷേ നീ ചിലപ്പോൾ കണ്ണൊക്കെ അടയ്ക്കാറുണ്ടല്ലോ കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നീ കാണുന്നുണ്ടല്ലോ നിൻ്റെ മനസ്സിനെ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ നിനക്ക് എന്താ വെളിച്ചം ഉള്ളിലുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയും അല്ലെങ്കിൽ സ്വപ്നത്തെയും ഇതിൽ കാണുന്ന കാഴ്ചകളെയും അവിടെയൊക്കെ കണ്ണടഞ്ഞിരിക്കുകയാണല്ലോ എന്താ രവി ദീപ ചക്ഷു സസ്യനിമിയിലാദി സമയേ കിം സംശയമില്ല ധീഹി ബുദ്ധി ബുദ്ധിയാണ് മനസ്സാണ് എന്റെ കണ്ണ് കിം നിവീലാദിസമയെ എന്താണ് അത് ശരി ധിയോ ദർശനെ ഗുരുവിന്റെ ചോദ്യം ഉള്ളത് ഈ ബുദ്ധിയെ കാണാൻ എന്താണ് വെളിച്ചം ധിയോ ദർശനെ ബുദ്ധിയുടെ ദർശനത്തിൽ എന്ത് വെളിച്ചം ഗുരു തത്രാഹം ഞാനാണ് വെളിച്ചം ഞാനാണ് ബുദ്ധിയെ കാണുന്നത് എത്ര സ്ഷ്ടം തത്രാഹം ഇവിടെ എനി ചോദ്യം എളു നിനക്ക് നിണ്ടൊക്കെ അനുഭവിക്കാം ഉണ്ട് എന്ന് അനുഭവിക്കാൻ എന്താ വെളിച്ചം ഗുരു അത് വേറെ വിളിച്ചൊന്നുമില്ല ഞാൻ ഉണ്ട് എന്ന് ഞാൻ സ്വയം അനുഭവിക്കുക ഞാനുണ്ട് എന്ന് അനുഭവിക്കാൻ എനിക്ക് മറ്റൊരു ഉപകരണത്തിൻ്റെയും ആവശ്യമില്ല അതാണ് സ്വയം ജ്യോതി സ്വയം പ്രകാശമയമായി നിൽക്കുന്ന ഞാൻ തത്രാഹം എടോ കുഞ്ഞ അതോ ഭവാൻ പരമകം ജ്യോതി അതുകൊണ്ട് നീ തന്നെയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം കാരണം നീ സ്വയമുണ്ടെന്നറിയുന്നു മറ്റെല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്നു ഉണ്ട് ഉണ്ട് എന്നറിയുന്നു ഭവാൻ പരമകം ജ്യോതി നീ തന്നെയാണ് സത്യം നീ തന്നെയാണ് ഈശ്വരൻ നീ തന്നെയാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അപ്രകാശിപ്പിക്കുന്നത് ഭവാൻ പരമകം ജ്യോതി ശിഷ്യനൽപ്പം ഒന്ന് ആലോചിച്ചു ഗുരു തന്നെ സംശയമൊന്നുമില്ല എനിക്കിപ്പോഴല്ലേ പിടി കിട്ടിയത് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത് എന്ത് നന്നായി തതോ ഭവാൻ പരമകം ജ്യോതി തദസ്മി പ്രഭോ പ്രഭോ ശരി എനിക്കിനി ചോദിക്കാനൊന്നുമില്ല ഇനി എന്ത് ചോദിക്കാൻ എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു തദസ്മി പ്രഭോ ഞാൻ അത് തന്നെയാണ് ഇതാണ് ഏകശ്ലോകി എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ ഈ ശ്ലോകി ഒരു ചെറിയ പരിഭാഷ ഹരിതാവിർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട് അർക്കാനലാതി വെളിയൊക്കെ ഗ്രഹിക്കൂ ഒരു കണ്ണിന് അർക്കാനലാദി വെള്ളിയെ സൂര്യന്റെയും അഗ്നിയുടെയും പ്രകാശത്തെയൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ് അതിന്റെ അതൊക്കെ ഗ്രഹിക്കുന്നത് കണ്ണാണ് അർക്കാനലാതി വെള്ളിയൊക്കെ ഗ്രഹിക്കുന്ന ഒരു കണ്ണിന് കണ്ണ് ആ കണ്ണിനെ കാണുന്ന കണ്ണേതാ മനമാകുന്ന കണ്ണ് മനസ്സാകുന്ന കണ്ണാണ് ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് വർക്കാനലാദികളിലൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പുരുത്താൻ അതിനെ പ്രകാശിപ്പിക്കുന്ന കണ്ണേ തന്നാൻ അയ്യോ എന്തി ആദങ്ങോട്ട് പിടികിട്ടുമ്പോ ഭഗവാനെ ആനന്ദത്തിന് എന്താണിനി ഒരു പരിമിതി കണ്ണായിരുന്ന പൊരുൾത്താനെന്നുറയ്ക്കുമുള്ള ആനന്ദമെന്തു ഹരി നാരായണായ നമ അതങ്ങോട്ട് മനസ്സിൽ പിടികിട്ടിയാൽ ഭഗവാനെ ഇതിൽ പേരെ ഇനി എന്ത് പിടികിട്ടാനിരിക്കുന്നു ഇനി ആ വെളിച്ചത്തെ ഒന്ന് മറന്നേക്കി അറിയുകല്ലേ വേണ്ടു മറന്നേക്കി അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാനാണ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ണ് എന്താ ഞാനില്ലയോ എന്റെ ലോകം തീർന്നു നമ്മളൊക്കെ ഇത്ര വാദിച്ചൊക്കെ നടക്കുന്നല്ല ഈ ഞാൻ എന്ന് ആ ജീവബോധം ഈ ശരീരത്തിലില്ലെന്ന് വെക്കുക പിന്നെ ശരീരമില്ല മനസ്സില്ല പ്രപഞ്ചമില്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊന്നുമില്ല എല്ലാം തീർന്നും അതോടുകൂടി അവസാനിച്ചു ജവി ദീപ അർക്കാനലാതി വെള്ളിയിലൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണുവിന് കണ്ണായിരുന്ന പോലും പാനം നിറയ്ക്കുമളവ് ന്ദുഹരി നാരായണായ നമ നമ്മുടെ ആചാര്യനും ഒക്കെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്നാലും ഈശ്വരനെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയെ എവിടെ കിട്ടാനാണ് ഈശ്വരനെ ഈ ഞാനെന്ന് ഈശ്വരനെ മറന്നിട്ട് എവിടെ കിട്ടും ഈശ്വരനെ ഞാൻ ചോദിക്കട്ടെ കൈലാസത്ത് പോയി ചുറ്റി നടത്തുന്നു ഈശ്വരനെ കിട്ടിയോ എവിടെ ആർക്ക് കിട്ടാനാണോ തന്നെ അന്വേഷിക്കൂ വേദാന്തത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട് പത്തുപേര് ദശമ വൃത്താന്തെന്നാണ് പറയുന്നത് പഞ്ചദശയിൽ വിദ്യാരണ്യസ്വാമികൾ കൊടുത്തിട്ടുള്ള കഥയാണ് പത്തുപേരൊരു വഴിയാത്ര പോയി പത്തുപേർക്ക് വൈമന്ധ്യത്തിൽ ഒരു നദി നീന്തി കടക്കേണ്ടി വന്നു അപ്പോൾ എല്ലാവരും നദി നീന്തി അക്കരെ കയറി അക്കരെ കയറിയിട്ട് പത്തുപേരും ഉണ്ടോ നമ്മൾ ആരെങ്കിലും ഇനി നദിയിലോ മറ്റോ മുങ്ങിപ്പോയോ എല്ലാരും നേരുന്നതെന്ന് ഒരാൾ ഇങ്ങോട്ട് മാറി നിന്ന് എണ്ണി എല്ലാവരെയും ഒമ്പത് പേരെയുള്ളൂ വേറൊരാള് ഇയാൾ അവിടെ നിന്നിട്ട് വേറൊരാൾ ഇങ്ങോട്ട് മാറി നിന്ന് ഈ മാറി നിന്നെണ്ണാണ് ഒരിക്കലും ഈശ്വരന് കിട്ടുന്നില്ല ഈശ്വരൻ മാറി നിന്നുകൊണ്ട് ഞാൻ അല്ല ഞാൻ ഈശ്വരനെ കാണാൻ ശ്രമിക്കുകയാണ് ഈശ്വരൻ മാറി നിന്നുകൊണ്ട് ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്നു എവിടെ കിട്ടാനാണ് പിന്നെ കാണുന്നതൊക്കെ ജടും അതിലൊക്കെ ഈശ്വരൻ അന്വേഷിച്ചാൽ ഇവിടെ ജഡത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത് അങ്ങനെ അന്വേഷിച്ച് പത്തുപേരും മാറി നിന്ന എണ്ണി നോക്കി ഒമ്പത് പേരെയുള്ളൂ എന്തായാലും എണ്ണുന്ന തന്നെ കൂട്ടുന്നില്ലേ ഇവിടെ വേറെ വലിയ ബുദ്ധിപൂർവമായ ചോദ്യമൊന്നും ചോദിച്ചേക്കൽ എങ്കിലും സാർ പത്തുപേരല്ലേ ഉള്ളൂ അവർക്കിങ്ങനെ ഒറ്റ നോട്ടത്തിൽ പത്തുപേരും ഉണ്ടെന്ന് ഗ്രഹിക്കാമേ അത് അവരുടെ കാര്യം ഇവിടെ ഈ സത്യാന്വേഷണത്തിനൊരു കഥ പറയുന്നേ ഉള്ളൂ ഒരാൾ മാറുന്നതെന്ന് എണ്ണി നോക്കുകയാണ് പത്തുപേരെ എണ്ണി നോക്കിയിട്ട് ഒമ്പതാളുകളെയുള്ളൂ ചുരുക്കത്തിൽ നിലവിളിയായി വായ ഭയങ്കര നിലവിളി നെഞ്ചത്തടി നമ്മൾ ഇനി എങ്ങനെയാണ് തിരിച്ച് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുക നമ്മൾ ഒമ്പത് പേരേ ഉള്ളൂ അപ്പോഴേക്കും ഒരു വഴിയാത്രക്കാരൻ നിങ്ങളെന്തിനായി നെഞ്ചത്തടിച്ച് വിളിക്കുന്നത് അതുമല്ല ഞങ്ങൾ പത്ത് പേരൊരു വഴിയാത്രയായി വന്നു എന്നാലും നീന്തി കടന്ന് കയറിയപ്പോൾ ഒമ്പത് പേരേ ഉള്ളൂ ഞങ്ങൾ ഇയാളെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകും ആ ആ അതുങ്ങൾ നിലനിൽക്കുക നോക്കട്ടെ ഞാൻ പത്ത് പേരും നിറഞ്ഞെന്നും എണ്ണി നോക്കിയാലോ പത്തും ഉണ്ടല്ലോ അല്ല പിന്നെ ഞങ്ങൾ എണ്ണിയപ്പോ എന്താ ഒമ്പത് പേരും ഈ എണ്ണിയെ ആളിൽ നിങ്ങൾ കൂട്ടിയില്ല അവർ എത്ര കുറവാണ് നെൻ്റെ തനിക്കും വിളിക്കും ഒക്കെ ഹേതുവായത് ഈ ദുഃഖത്തിന് മുഴുവൻ ഹേതു ഇതാണ് ലോക ദുഃഖത്തിനും മുഴുവൻ ഹേതു ഇതാണ് എണ്ണുന്നയാൾ തന്നെ എണ്ണുന്നില്ല ബാക്കിയെല്ലാം ചന്ദ്രനെ പോകുന്നു ഈശ്വര ഗംഭീര ശാസ്ത്രജ്ഞന്മാർ കിടന്നു പത്തം കിറങ്ങുന്നു ചന്ദ്രനിൽ പോകണോ ഒരു വിരോധമില്ല വെക്കോളൂ പക്ഷേ ചന്ദ്രനിൽ പോകുന്ന നിങ്ങളെ കൂടെ എണ്ണിയിട്ട് പോവും ചന്ദ്രനിലൊക്കെ ആ സത്യത നിങ്ങൾക്ക് കാണാൻ കഴിയും അതല്ലെങ്കിലോ നിങ്ങൾ ചന്ദ്രനിലല്ല ആയിരം ചന്ദ്രന്മാരിൽ പോയാലും കാണാൻ കഴിയില്ല ശാസ്ത്രജ്ഞന്മാരുടെ ഈ സത്യാന്വേഷണത്തെക്കുറിച്ച് അങ്ങേക്കൻ വലിയ ശാസ്ത്രജ്ഞനും മാത്തമറ്റീഷ്യനും ഫിസിസ്റ്റുമൊക്കെയായിരുന്ന സ്വാമി രാമതീർത്ഥനും അതിഗംഭീരനായിരുന്നു അദ്ദേഹം അദ്ദേഹം വിവേകാനന്ദ സ്വാമിയുടെ സമകാലികനാണ് പഞ്ചാബിൽ ജനിച്ച അദ്ദേഹം വേദാന്തം പഠിച്ചു തന്നെ വേണ്ടവണ്ണം എണ്ണി എണ്ണിപ്പോ അദ്ദേഹത്തിന് കാര്യമൊക്കെ പിടികിട്ടി അദ്ദേഹം പറയുന്നു ശാസ്ത്രജ്ഞൻ ഞാൻ പറയുന്നല്ല സ്വാമി സ്വാമി വെച്ചാൽ അമ്മ അദ്ദേഹത്തെ പോലെ കണക്കിലൊക്കെ അദ്ദേഹത്തെ ജയിക്കാൻ ലോകത്താരുമില്ല അതുപോലെ ഫിസിക്സ് തുടങ്ങിയാലും ഒക്കെ അതിഗംഭീരം അല്ലാതെ വെറും ഒരാളല്ലേ പറയുക അദ്ദേഹം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ സത്യാന്വേഷണത്തെ താരതമ്യപ്പെടുത്തുന്നത് ഒരു അമ്മയുടെ വയസ്സായ അമ്മയുടെ സൂചി അന്വേഷിക്കലുമായിട്ടാണ് ഒരു തയ്യക്കാരമ്മ അവർക്കൊരു കൊച്ചുകുടിലുണ്ട് അവിടെ ഇരുന്നിങ്ങനെ തയ്യൽ നടത്തിക്കൊണ്ടിരുന്നു ഒരു ദിവസം സൂചി അവിടെ കളഞ്ഞുപോയി ആ കുടിൽ സന്ധിയുമായി സന്ധ്യ കഴിഞ്ഞു അതിനിപ്പോൾ എന്താ മാർഗം അവർ നേരെ റോഡിൽ വന്നു ഇലക്ട്രിസിറ്റിയുടെ മുമ്പിൽ നല്ല വെളിച്ചം ഇലക്ട്രിസിറ്റി സൂചി അന്വേഷിക്കുകയാണ് വളരെ നേരം സൂചി അന്വേഷിച്ചു സൂചി കിട്ടുന്നില്ല അപ്പോ ആ പൈമോഹം ചോദിച്ചു അമ്മയെ എന്താ ഈ വയസ്സുകാരത്തിവിടെ ഇങ്ങനെ ഇങ്ങനെ കപ്പിക്കളയുന്നത് മോനെ എന്റെ സൂചി കളഞ്ഞു പോയ ഐ എവിടെയാ സൂചി കളഞ്ഞത് സൂചി കളഞ്ഞത് വീട്ടിലാണ് പിന്നെ അമ്മ ഇവിടെ വന്ന് അന്വേഷിച്ച എങ്ങനെ സൂചി കിട്ടും വേറെ ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ വെളിച്ചമില്ല ഇവിടെ ഒന്നാം തരം വെളിച്ചം അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചി അന്വേഷിക്കുക വഴിയാത്രക്കാരൻ പറഞ്ഞു അതിൽ പറ്റില്ലല്ലോ കളഞ്ഞിടത്തന്വേഷിക്കൂ അല്ലാതെ എത്ര വെളിച്ചമുണ്ടെങ്കിലും കളയാത്തിടത്ത് വസ്തു അന്വേഷിച്ചാൽ എവിടെ കിട്ടാനാണ് ചന്ദ്രനിൽ നല്ല വെളിച്ചമുണ്ട് അല്ലെങ്കിൽ ചൊവ്വ വലിയ ഗ്രഹമാണ് അവിടെ പോയി അന്വേഷിച്ച യുഗയുഗാന്തരങ്ങൾ അന്വേഷിച്ചാലും സത്യം തെളിയാൻ പോകുന്നില്ല എന്തുകൊണ്ട് സത്യം കളഞ്ഞിരിക്കുന്നത് അവനവന്റെ ഉള്ളിലാണ് വ്യക്തമായിട്ടും ആ സത്യം പ്രകാശിക്കുന്നു പക്ഷേ കളഞ്ഞതുപോലെ തോന്നുന്നു ആ സത്യത്തെ മുന്നർത്തി സത്യാന്വേഷണം നടത്തൂ നിശ്ചയമായിട്ടും പോകും നടത്തൊക്കെ ഈ ഈ സത്യത്തെക്കൂടെ ധരിച്ചു കൊണ്ടുപോകൂ യാൽ ചന്ദ്രനിൽ സർവത്ര സത്യം ചൊവ്വായിൽ സർവത്ര സത്യം അത് കൊണ്ടുപോകുന്നില്ലെങ്കിലോ കോടിക്കണക്കിന് പണവും ചെലവാക്കി അമേരിക്ക ചന്ദ്രനിപ്പോയി അന്ന് തന്നെ പത്രങ്ങൾ എഴുതിയിരുന്നു അമേരിക്കയുടെ ചന്ദ്ര ചന്ദ്രപ്രയാണത്തിന് ചെലവാക്കിയ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഭൂമണ്ഡലത്തിലെ മുഴുവൻ ദാരിദ്ര്യവും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു അത് ചന്ദ്രനിപ്പോയി എന്താ കൊണ്ടുവന്നത് കുറച്ചു മണ്ണ് ഉപനിഷത്ത് പറയുന്നുണ്ടേ നിങ്ങൾ ഇവിടെ നിന്നും നടന്നിട്ട് ഒരു പ്രയോജനമില്ല ഏതീഹ തതമുത്ര ഏതമുത്ര തദ്ഹ കുഞ്ഞുങ്ങളെ ഇവിടെ എന്തുണ്ടോ അത് മാത്രമേ പരലോകത്തുള്ളൂ പരലോകത്തെന്തുണ്ടോ അത് മാത്രമേ ഇവിടെയുമുള്ളൂ പക്ഷേ ഈ പഞ്ചഭൂതങ്ങളുടെ പലതരം രൂപഭേദങ്ങൾ അതുകൂടാതെ എന്തുണ്ട് അതുകൊണ്ട് സത്യമന്വേഷിച്ച് അവിടെ എവിടെയും പോയിട്ട് കാര്യമില്ല ഇഹ ചേത് അവേദി തഥ സത്യമസ്തി നോ ചേത് അവേദി വിനഷ്ടി ഇവിടെ വച്ച് സത്യം എന്താണ് നിരക്തമായി ധരിക്കൂ നിങ്ങളാണ് സത്യം അത് വ്യക്തമായി ധരിക്കും ഇഹ ചേത് അവേ ദീ ഇവിടെ നിങ്ങൾ ഗ്രഹിക്കുമെങ്കിൽ സത്യമസ്തി സത്യമുണ്ട് മോചേദവേ ദീത് ഇവിടെ ധരിച്ചില്ലെങ്കിൽ ഇത് സ്വർഗത്ത് പോയോ ബ്രഹ്മാവിന്റെ ലോകത്ത് പോയോ മഹതീ വിനഷ്ടിഹേ വലിയ നഷ്ടമാണ് സത്യമറിയാൻ കഴിയുള്ള സൂക്ഷ്മമായ ബുദ്ധിയിൽ തന്ന് ഭഗവാൻ മനുഷ്യശരീരം നിർമ്മിച്ച് ഈ മനുഷ്യലോകത്ത് എത്തിച്ചിരിക്കുന്നു വേറെ എവിടെയെങ്കിലും പോയി സത്യം ഗ്രഹിക്കാം എന്ന് നിങ്ങൾ കരുതിപ്പോയാൽ മഹതീ വിനഷ്ടി അതിലപ്പുറം ഒരു നഷ്ടം പിന്നെ വരാനില്ല അതുകൊണ്ട് അവനവനെ അന്വേഷിക്കുക അന്വേഷിക്കാനോ ഒന്നുമില്ല ചപ്പും ചവറും മാറ്റുക ബ്രഹ്മം പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഇത് ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ ആചാര്യസ്വാമികൾ ചർച്ച ചെയ്യുന്നതാണ് ഗുരു ഈ ബ്രഹ്മത്തെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ സകലരും അനുഭവിക്കുന്നു മൃഗങ്ങളും ചെടികളും പോലും അനുഭവിക്കുന്നു എന്താ കാര്യം അഹമിതി അഹം പ്രത്യ വിഷയത്വ ഞാൻ ഞാൻ എന്നിങ്ങനെ ആ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് ഗുരു അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പ്രത്യേക ബ്രഹ്മത്തെ അന്വേഷിക്കാൻ എന്തിരിക്കുന്നു അങ്ങനെയല്ലടോ ഈ ചപ്പിൻ ചവലും നിറഞ്ഞു കിടന്നതുകൊണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ നാളികേര ദർശനം ഓരോരുത്തരും പറയും ഞാൻ കണ്ടതാണെന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു മൂന്നാല് പേര് ഇവിടെ വന്നു നാളികേരം കാണാനായിട്ട് കേരളത്തിൽ വന്നു എല്ലാവരും കണ്ടു ആദ്യത്തെ ഒരാൾ നാളികേരം കയ്യിലെടുത്തു താഴെയിട്ടു തിരിച്ചു പോയി രണ്ടാമത്തൊരാൾ വന്നു അത ഇതിനകത്തുണ്ടെന്ന് കാണണമല്ലോ ആ നാളികേരം അതിന്റെ തൊണ്ടെല്ലാം മാറ്റി തകരി മാറ്റി നോക്കി കുറെ കട്ടിയുള്ള ഒരു പദാർത്ഥം ഇനി കഴിയില്ല ഇതാണ് ഈ സത്യദർശനം കുറച്ചങ്ങോട്ട് ചെന്നപ്പോ ഏതാണ്ടൊക്കെ പിഴീട്ട് ഇനി കഴിയില്ല മാറ്റിക്കളയാ ഇത് കട്ടിയുള്ള ഇതിനി പൊളിക്കാനൊന്നും എന്നെ കൊണ്ടൊക്കില്ല അയാളും പോയി ഡൽഹിക്ക് മൂന്നാമതൊരാൾ ഒന്നും അല്ല ചിരട്ട വരെ കണ്ടു അല്ലെ ഇത് പോരാ നമുക്ക് എന്ത് പ്രയത്നിച്ചും ഇതിനകത്തെന്തുണ്ട് അയാൾ ചിരട്ട വിളിച്ചു അതിന്റെ വെള്ളം കുടിച്ചു മധുരമധുരമായ വെള്ളം അതിന്റെ പരിപ്പെല്ലാം മാറ്റി നോക്കി ചിരട്ട അപ്പുറത്ത് ചകരി ഇപ്പുറത്ത് തൊണ്ടിപ്പുറത്ത് ഇനി എന്താ നോക്കാൻ എല്ലാം കഴിച്ചു കൃത്യമായി ഇനി വല്ലതും അന്വേഷിക്കാനുണ്ടോ അവിടെയാണ് സാ കാഷ്ട അന്വേഷണം അവസാനിച്ചിരിക്കുന്നു അതായത് ഡൽഹിക്ക് പോയി നാളികേര സെമിനാർ ഈ നാടികേ മൂന്ന് പേരിൽ കൂടെ ഡൽഹിയിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചപ്പോളികേരം ധനപദാർത്ഥം എന്നിട്ട് ഞാൻ എടുത്തു നോക്കിയതാണ് എനിക്ക് എന്നോട് ആരുടെ കത്തിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ എടുത്തു നോക്കിയതാണ് ഒരു ഖനമർ അപ്പോൾ അബ്ദാനത്തെ അങ്ങനെ അങ്ങനത്തെ വസ്തുവിൽ പൊളിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് വളരെ കട്ടിയൊരു സാധാരണ അസാഹം മാറി ആദ്യത്തെ ആളെ സംബന്ധിച്ചില്ല എല്ലാം ഞാൻ കഴിവെടുത്ത് നോക്കിയിട്ട് അത് കളിപ്പിക്കാൻ ഞാനത് സമ്മതിച്ചില്ല ഒന്നാമത്തെ ആൾ പറഞ്ഞ ആ കക്ഷിയുടെ വീട്ടിൽ രാജ്യാത്തവർക്കുണ്ട് നാളികളിച്ചു നോക്കൂ അല്ലാതെ നല്ല മധുരഭരമായ വെള്ളമുണ്ട് നല്ല രണ്ടു നല്ല ഉന്മന്ധി കഴിഞ്ഞ കഴിപ്പുണ്ട് അവർക്ക് കഴിക്കാം നല്ല അമ്മയെ അച്ഛൻ സാധനം കഴിപ്പിക്കാൻ പറയാൻ ഞാൻ ഓടിച്ച് നോക്കാം ഇതാണ് നാടികയുടെ ദർശനം ഏത് മുമ്പേ ഓടിച്ചില്ല കാരണം ഞങ്ങൾ കണ്ടതാണ് ഏതിനെ ആയിരം കൊല്ലം സെമിനാർ നടത്തിയാലും എങ്ങനെയാണ് നാളികേരത്തെ കണ്ടെത്താൻ കഴിയുന്നത് ഇതാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സമിനാറുകളുടെയും സ്ഥിതി പരിശോധിക്കാം എല്ലാം പരിശോധിച്ചു അനുഭവിച്ചു നല്ല മനുഷ്യനം അനുഭവിച്ചു ഇനി എന്ന് പരിശോധിക്കാൻ ഒന്നുമില്ലെന്ന് മോക്ഷമായി അവിടം വരെ പോകണം അതുപോലെയാണ് ഈ ജയത്തിന്റെ നോക്കുന്നവർക്കും സൂര്യനുണ്ട് കണ്ണിനണ്ട് നല്ല ഭക്ഷണ സാധനങ്ങളുണ്ട് കേൾക്കും ആയ പുള്ള നാഗേൺ എഴുത്ത് ഭക്തിയാകുന്ന പോലെയാണ് ഭൗതികവാദികൾ എന്താ കാര്യത്തിൽ സംഗമിപ്പോയിരിക്കുന്നു ഞങ്ങൾ രക്ഷകരി പോകാൻ തയ്യാറെടുക്കുന്നു ആരെയും കുറ്റങ്ങളെയും എല്ലാം ഞങ്ങളെക്കാൾ ജീവന്മാരാകുന്നുണ്ട് സ്വയം ജീരാ പണ്ഡിതവും മന്യമാനാ ഞങ്ങൾ പണ്ഡിതന്മാരാണ് ദരിയ ഉപനേഷത്തിനകം ദേഷ്യം എന്ന് പറയുമ്പോൾ ആണ് വന്നിരിക്കുന്നത് കേരളത്തിന് ചുറ്റി ചിരിയില്ല അവിടെ പോയി ഇവിടെ പോയി എന്താക്കി ചെയ്ത് അവർക്കൊണ്ട് കുറച്ച് മന്ത് കിട്ടി പോയിട്ട് കുറച്ച് ഇരുന്ന് അവർക്ക് എവിടെയാണ് ഉള്ള സാധാരണ അല്ലെങ്കിൽ വേറെ ഞങ്ങൾ ഇപ്പോൾ അവർ ചെയ്ത് കുറച്ച് ഭക്ഷണം കിട്ടി അവർക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒരു നിരോധമില്ലേ പക്ഷെ ഞങ്ങളൊരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണോ ഈ ജീവിതം നശിപ്പിച്ചത് ചില സിറ്റികൾ ശ്രീരാമേഷ്ഠം പറയാനത്തെ ഒരാൾ വെള്ളത്തിൽ ചവിട്ടി നടന്ന മലയിലേക്ക് ഭഗവാൻ കഴിഞ്ഞോ ദക്ഷകര ആലത്തും നാൽപ്പത് കോജത്തിന്റെ ശ്രമമാണ് ഗുരുദേവ ഈ വെള്ളത്തിൽ നിങ്ങൾ ജീവിതം പാഴാക്കും പത്ത് പൈസ ഒരു വളരെ കാര്യം കൊടുത്താൽ അപ്പൊ അത് ഇതിനു വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജീവിതം ഭാഗത്ത് സിദ്ധിയൊക്കെ ഇന്നലെ ഭാരതം നോക്കി സാർ അഷ്ടൈശ്വര്യ സിദ്ധിയൊക്കെ കിട്ടില്ലേ അഷ്ടൈശ്വര്യ സിദ്ധി കിട്ടി അതിലെ ഏറ്റവും വലിയ സിദ്ധിയാണ് ആകാശഗ്രഹം ആകാശഗ്രഹം ഇന്ന് ആകാശത്തെ ആകാശഗ്രഹങ്ങൾ പക്ഷേ ശേഷി സിദ്ധിയാണ് പക്ഷേ എത്ര കാലം തപസ് ചെയ്യണം വളരെ കാലം തപസ് ചെയ്യണം തപസ് ചെയ്ത് ഈ നേടിക്കഴിഞ്ഞാൽ ആ തപസ് നിലനിർത്തണം കൃത്യമായി നിലനിർത്തണം അല്ലെങ്കിൽ സിദ്ധിയെ തിരിച്ചടിക്കുകയും ചെയ്യും പക്ഷെ കിട്ടുന്നതെന്താ വ്യക്തി നല്ലാസിൽ ക്ലൈനിൽ കയറി കുറച്ച് സമയങ്ങളിലേക്ക് തിരിച്ചെടുക്കുന്നു നല്ല എത്തിക്കുന്നു അപ്പൊ ഈ മദ്രാസിന് ഉടനെ എത്തിയത് ഇപ്പൊ എന്ത് കിട്ടിയ കൂടുതൽ സുഖം കിട്ടിയത് ഒരു ഒരു ദുരഭിമാനം ആ ഞാൻ ഈ സിദ്ധി നേടിയതാണ് ഇതങ്ങനെയല്ല ആ ശിഷ്ടപ്പറിയേ ആത്മത്തെ ശേഷ വിഷയം ആത്മതത്വം അന്വേഷിക്കുന്നതിന് ഈ സിദ്ധികളും വിഷയങ്ങനെയല്ല അദ്ദേഹം തെളിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കില്ല സിദ്ധികൾ സ്വയം വന്നാൽ പോലും തിരിഞ്ഞു നോക്കാൻ കുട്ടി കിട്ടില്ല ആത്മജ്ഞൻ ശേഷമില്ല ആത്മജ്ഞാത്മവിക്ഷയം ആത്മജ്ഞൻ അനന്താനന്ദ വിധിയായ ആത്മാവിനെ നിരന്തരം അനുഭവിച്ച് നിവൃത്തി അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ആളാണ് അദ്ദേഹത്തിന് കൈസി ആത്മജ്ഞാത്മവിക്ഷയം ആത്മനാത്മനി സന്തുഷ്ടവും തന്റെ അനന്തസ്വരൂപം അനുഭവിച്ച് തന്നിൽ തന്നെ ആനന്ദിക്കുന്നയാളാണ് ആത്മാർത്ഥം അദ്ദേഹം ഒരിക്കലും നവിദ്യ അനുധാപത്തി ഇത് അതിഥ്യ കടുത്ത ഹിത്യനെ പാടെ സൈ സത്യാന്വേഷണം തന്നെ പറഞ്ഞതായി അങ്ങനെയുള്ള അതിഥ്യാണ് ഇത്തരം ശിക്ഷൻ ഒരിക്കലും ഒരു സത്യാന്വേഷി ഇവയ്ക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല നവിദ്യ അനുധാപത്തി ഒരിക്കലും അവിദ്യയെ പിന്തുടർന്ന് അദ്ദേഹം തോന്നുന്നില്ല നമുക്കിന്ന് അവരസമയം കൂടുതലും എടുക്കാം സന്തോഷമില്ല ദേഹക്ഷോണി പൂർണ്ണമായും ശീലി എടുത്ത് പ്രസംഗി നാളെ പോലും കാണപ്പെടുന്ന ഏർപ്പാടുകൾ ആണ് ഇവിടെ നമ്മൾ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക എന്തിന് ഇതാണ് ഈ ആത്മകർശനത്തിന്റെ മഹത്വം മറ്റ് സിദ്ധികൾക്കൊക്കെയുള്ളവരെല്ലാം ഒരാത്മകർഷിച്ച് അത്യന്തം നിസ്സാരം അതിൻ്റെ പുറകെ അദ്ദേഹം പോവുകയായിട്ടാണ് ഇത് ഈ ഇതുപോലെ ഒരു പ്രയാസവും ഇല്ലാത്തതാണ് ഈ ആത്മകർഷണം നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യം ഒന്ന് ചിന്തിച്ച് ദൃഢമായി ഉറപ്പിച്ചാൽ ആരാഷ്വാണികൾ ഇതിന് ചില കമ്പറികൾ ുമാരൻ ഒരു രാജകുമാരൻ കുട്ടിക്കാലത്ത് തന്നെ ഒരു വേദക്കുടിയെ സാധ്യത വേദന്മാർ കാല ഉറത്തി വേദന്മാരുടെ രോഗസ്ഥ കാരണം അതുപോലെ അവരുടെ സ്വഭാവം ഒക്കെയായിട്ട് ഉണർത്തി അപ്പോൾ ആ നിന്ന് ഈ കുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ച നമുക്ക് വേദക്കൂടി എങ്ങനെ അവിടുന്ന് വിട്ടുപോയി മനസ്സിലായി രാജകുടുംബത്തിൽ മനസ്സിലായി നമ്മുടെ കുട്ടിയിലാണ് എന്ന് മനസ്സിലാക്കാം പല ചെന്ന് കുട്ടിയെ വിളിച്ചെടുക്കുന്ന എൻ്റെ മഹന നീ നിന്നെ ഈ പേടക്കുടിയിൽ താമസിക്കുന്നു നീ രാജന്മാരനാണ് നീ നിന്റെ മുഖത്തൊന്ന് നോക്ക പേടന്മാരെ പോലീസ് ചെയ്യണം നിനക്ക് ഇതേ വേറെ എന്താ ശ്രദ്ധിക്കാൻ കഴിയാത്തത് നീ മുന്നേറ്റം ബുദ്ധിമാനുണ്ട് നീ യു നിന്നെ ആകർഷികമായി ഏർപ്പെട്ട് പോയി വേഗമാനവും കൊട്ടാരത്തിലേക്ക് പോകാം കൊട്ടാരത്തിൽ എത്തുകയെന്നു അവന്റെ ചക്രവർത്തിക്കൊന്നും ഒന്ന് ഓർമ്മ ലഭിച്ചു അവനത് ഉറപ്പിച്ചു ചക്രവർത്തിയെപ്പോലെ ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെന്താ പ്രശ്നം ഇത്രയൊരു ആത്മാന്വേഷണം മഹത്തായ ആനന്ദം ഉണ്ട് ഉണ്ട് എന്ന സ്വയം പ്രകാശിക്കൽ ഇതൊക്കെയുള്ള ജലത്തിനകത്തകപ്പെട്ടിട്ട് ഈ രാജകുമാരിൽ ജലക്കുടിയിൽ അകപ്പെട്ടതോടെ ഞാൻ ജലശരീരമാണ് ഇന്ദ്രിയ ഹയങ്ങളാണ് എന്ന് അവർ ജനിച്ചാണ് അവിടെയാണ് നമ്മുടെ ഷീശ്വരന്മാർ കുഞ്ഞെ അങ്ങനല്ല നീ ഒരിക്കലും ഒരിക്കലും നീ ജലമല്ല ജലമാവാൻ ഒക്കെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു ജടങ്ങൾക്കുണ്ടെന്ന് അനുഭവമില്ലല്ലോ നീ രാവിലെ ഉണ്ടെന്ന് അനുഭവിക്കുന്നില്ലേ സ്വയം അതുപോലെ മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നില്ലേ ഉള്ളിൽ ഉള്ളതാക്കി തീർക്കുന്നില്ലേ അതുകൊണ്ട് നീ ഒരിക്കലും ജലമല്ല നീ ശുദ്ധബോധമാണ് ശുദ്ധബോധം തന്നെയാണ് ആനന്ദം ഇതുപോലെ മറ്റൊരു കഥയും പറയുന്ന ഒരു ഒരു സിംഹക്കുട്ടി മാനന്തങ്ങളിലാകുന്നിട്ടുണ്ട് അതൊരു മാലിനെപ്പോലെ ജീവിക്കാൻ പോയി മാനിനെപ്പോലെ ശ്രദ്ധിക്കുക മാനിനെ പോലെ ഉഴിവുക ഇത് വേറൊരു സിംഹം കണ്ടോ ഇല്ല ഈ ചെടയിൽ തടയുമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇതിൽ ഒരു മാലിന്യം ഒരു സിംഹം ഒരു ദിവസം തന്ന ആ മാനിന്യം മനസ്സും പിടിച്ചുകൊണ്ട് രാറ്റിന്റെ കരയിൽ തന്നെ ക്ഷണത്തിൽ സിംഹമല്ലേ സംശയം നല്ല ഉൻ നോക്കിയാക്കി നോക്കിയപ്പോ കടയും അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടില്ല നല്ലത് എന്തേലും എന്നിട്ട് മറ്റേ സിംഹം ഒന്നക ഒരു കാണിച്ചു അതര് എന്ന ആൺകുട്ടിയൊന്നും അതല്ലേ എനിക്ക് പിടിക്കരുത് ഞാൻ വരല്ല ഞാൻ മൃഗങ്ങളുടെ ചക്രവർത്തിയായ സിംഹ സിംഹം ആ മഞ്ഞസിംഹത്തിൻ്റെ കൂടെ അവർ സിംഹമായി പോവുകയും ചെയ്തു ഇതുപോലെ തന്നെ നമ്മൾ ഗുരുക്കന്മാർ ചെയ്യുന്ന ഒരു കഷ്ടം സാക്ഷാൽ ബ്രഹ്മം ആയിട്ടുള്ള മനുഷ്യൻ സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള മനുഷ്യൻ വഴി നിസ്സാരങ്ങളായ ദളദൃഷയങ്ങളിലകപ്പെട്ട ആളാണെന്ന് ഗ്രഹിച്ച് വലിയ ബുദ്ധിമാന്മാർ പോലും ഇങ്ങനെ കാണുന്നില്ലേ വലിയ ബുദ്ധിമാന്മാർ ചിലട്ടേ ഉപവാസത്തിൽ അവരുടെ മോഹം കണ്ടാലും ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമാൻ എന്തൊക്കെയോ പോരാതെ എന്തിനൊക്കെയോ ചെന്ന് വീഴുന്നു അദ്ദേഹത്തിന്റെ ആ മോഹമൊക്കെ കണ്ടാലും അങ്ങനെ മാറി വരണ്ട് ലക്ഷലക്ഷം നിമിഷം പ്രതി ലക്ഷത്തിന് മുമ്പ് അരോധമാണ് ഇതുവരെ ഈ ഗ്രന്ഥ ശരീരത്തിൽ ഗ്രഹം രണ്ടായിരത്തി പത്തു ഭാഗത്തു കാരണവരോ രണ്ടത്തിന് മുമ്പാണ് ഡൽഹിയിലെ ഒരു മൂകേഷ് ഖന്ന ചെയ്തൂട്ടി ചെയ്തൂട്ടിയായി അയാൾ അയാളുടെ പ്രയത്നം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി പ്രയത്നങ്ങളുടെ കോഴി പ്രശ്നം ഒരു കോഴിക്കണക്കിട്ടുള്ള വലിയ വലിയ വിഭാവർക്ക് കണ്ടി അവരാണ് താമസം അവർ താമസം ആയ അയാൾക്ക് ഇത്തരം നോക്കിയായപ്പോ ഒരാഗ്രഹം സിനിമ കടിയായ രേഖ കല്യാണം കഴിഞ്ഞു ഇതൊക്കെ രേഖ തന്നെ ഈ ചിത്രം നോക്കുന്നു അയാൾ കഴിച്ചു ലോക്റ്റി ഒന്ന് മാത്രമാണ് ആ രേഖ കല്യാണം കഴിച്ചു ഒത്തിരി ദിവസമൊക്കെ അവർ സന്തോഷമായിട്ട് കഴിഞ്ഞു രേഖയ്ക്ക് ഒരു ഇയാൾ ഈ എനിക്ക് നിങ്ങളോട് താമസിക്കാൻ ഇയാൾ എഴുത്താ ഇങ്ങനെ സിനിമയിൽ മാറി വേണ്ട കണർക്കുണ്ട് അയാൾ എടുത്തു പോയി പോയപ്പോ ഇയാൾ പരിസാധ്യമായി ഇത്രയും എന്ത് ദിവസമൊക്കെ സമ്പാദിച്ചതെന്നാണ് ഒരു ദിവസം അയാൾ ആത്മ ആത്മ ധാരാളം മഹത്യമുണ്ട് കുടുംബം ഞങ്ങളൊക്കെ ആഗ്രഹം വെച്ചു ഇവിടെ ഏറെയാണ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചത് എന്നതിന് വലിയ പത്രത്തിലൊക്കെ അത് വലിയ പത്രമായിരിക്കും ആരോപിച്ചു പോകുന്ന എന്ത് വർഷപ്പെട്ടാണ് ഈ ഭൗതികതലത്തിൽ കോടീശ്വരനായ ഒരു നിമിഷമായ പോലെയുഗ്രഹം ഞങ്ങൾ അഹുഷനെ പോലുള്ള ആഗ്രഹം മഹർച്ചൻ പോലുള്ള അനുഭവിക്കുന്നുണ്ട് ഞാനിതൊക്കെ ഉദാഹരിക്കുന്നത് ജലബന്ധം ജലബന്ധം കൊണ്ട് പോലും ജീവനും രക്ഷപ്പെടാൻ പോകുന്നില്ല സർവീഹമായാണ് ഏത് ഉറപ്പിക്കുന്ന എവിടെയാലും ഒരു ദിവസമില്ല ജലം സത്യമെന്ന് കരുതിയോ ഉടൻ കോരി പഠിക്കേണ്ടി വരുക ഇന്ദ്രനായി മൂന്ന് വർഷമേ അകം ചെയ്യണം എന്ന് പറഞ്ഞു അതേ സാധ്യത ഒരു കാലത്തിൽ നിന്ന് നമ്മൾക്ക് പോകാൻ പലരും ഇന്ദ്രൻ അന്നത്തെ ഇന്ദ്രൻ നമ്മള ഭാവപരിഹാരത്തിനായി നാടുകൾ ഗ്രാമം വസിച്ചു ഗ്രാമിച്ച് ബിബ്രഹ്മു ബ്രഹ്മഹത്യാ അയാൾ സ്വന്തമായിട്ട് വിട്ടുപോയി അങ്ങനെ വേക്കൻസി അതോടൊപ്പിച്ച മനുഷ്യൻ ഇന്ദ്രനെത്തിയ അപ്പോഴേക്കും ഇന്ദ്രന്റെ സർക്കാർ ഇങ്ങനെ പാലപരിഹാരത്തിന്റെ ഗുരുവിന്റെ ആശ്രയത്തിൽ അഗസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളത്തിന് അഗസ്റ്റ് നഷ്ടപ്പെട്ടവർന്നാണ് അപ്പൊ ഇയാൾ പല്ലത്തിൽ കയറി അറിയുന്ന പല്ലത്തിൽ മഹൻ പല്ലത്തിൽ കയറി എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകണം അപ്പൊ ഇയാൾ ബക്കോളായൊന്നും ഞാൻ വേഗം നടക്കുന്നില്ല ഇയാൾക്ക് പെട്ടെന്ന് ഞാൻ കിട്ടുവാൻ പോകാം ഇയാൾ പല്ലക്കിലിരുത്തുകൊണ്ട് കാല് അഗസ്റ്റ്യ മുതുകിൽ ഇങ്ങനെ വിരലുകൊണ്ട് തള്ളിയിട്ട് സർപ്പ സർപ്പാണ് ക്കേക്ക എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം അപ്പൊ കേടായി ഇനി ഇങ്ങനെ വച്ചുപോലിക്കുന്നത് ശരിയല്ല അതിന്റെ പരിവരം നമ്മളെ സംബന്ധിച്ചു എന്നിട്ടും അവരുടെ ഭാഷ നീ ഒരുപാ സർവമായി താഴെ പതിക്കട്ടെ നമുക്ക് സാധിക്കാം അപ്പോ ഇതുവരെ അനുഭവവും എത്താൻ സാധിച്ചിട്ട വരുമ്പോളായി മഹർഷൻ താഴെ പോയു ഏറ്റവും നമുക്ക് ഒരു കിണറ്റിൽ പതിച്ചു മൂന്ന് അശ്വമേധകളുടെ ജീവിതയുടെ വിവേക മനസ്സിൽ ഉണ്ടാകാൻ കഴിഞ്ഞിട്ട അതോടുകൂടി മൂറശ്വമേശരും എൽ കിട്ടും അതുപോലെയാണ് ഈ നിവേഷങ്ങളിലെ ഇത് ഒരു വസ്ത്രം വേറൊരു കാര്യങ്ങളിലൂടെ തന്നെ ഒരു ക്ലൈൻ കിടക്കണം ു അതിലധിക മത്സരം അതൊന്നും ഞാൻ അവരുടെയൊക്കെ പ്രാരബ്യം അതിവിശിഷ്ടം അവരോടൊക്കെ അത്യധികം സ്നേഹമേ ഉണ്ടു പക്ഷേ എത്ര നിമിഷം അവരുടെ പ്രശസ്തിയും പേരും പ്രണവുമൊക്കെ ഒരു നിമിഷം ഉണ്ട് അനേകതകളും അതിപ്രായം തങ്ങളും ജീവിതം അതിശയസഫലം ജീവിതം ിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളിലൂടെ അത്യന്തം നിസ്സാധനം എന്തുവെച്ചതിന് ഉദാസീനമായി തലമൊന്നല്ല അതറിഞ്ഞുകൊണ്ട് സത്യം അനുഭവിക്കാൻ തക്കവെന്നും കർമ്മം എന്ന വഴികൾ മുന്നോട്ട് കൊടുത്തു എന്ത് കർമ്മമായാലും യുദ്ധമാണെങ്കിൽ പോലും സർവീ അന്വേഷണം എന്ന് സത്യം ഓരോപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു അർജ്ഞേഷു എല്ലാം ബ്രഹ്മമാണെന്ന വസ്തുത സർവേഷുകാലേഷു അനുസ്മര എപ്പോഴും ഓർമ്മിക്കൂ യുദ്ധിച്ചാൽ നിന്റെ കർമ്മവും ചെയ്യൂ അല്ലാതെ കർമ്മം വിട്ടുപോകണമെന്നോ പണം പണം ബ്രഹ്മമായി കണ്ടുകൊണ്ട് സമ്പാദിക്കൂ ബ്രഹ്മമാണെന്ന് കണ്ടുകൊണ്ട് ചെലവഴിക്കൂ ഓരോ ക്ലാസ് ആനന്ദം അല്ല ഞാനുണ്ടാക്കിയ പണം എന്ത് പണം ഞാൻ ഏറ്റവും മോശപ്പെട്ട ഒരു സം ചെയ്യുന്നു ഈശാവാസനിതം സർവം ജഗത്യം ജഗത് ഇവിടെ ജഗത്തായി എന്തെന്തൊക്കെ കാണുന്നുണ്ടോ ഈശാവാസ്യം ഈശൻ നിറഞ്ഞിരിക്കുന്നു ആരാ ഈശൻ നിങ്ങൾ തന്നെ ഈശ്വൻ ആ ഈശൻ നിറഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ അനുഭവിക്കാൻ കഴിയും ഞാൻ തന്നെ ഈശ്വനൻ തേനത്യക്തേനഹുജീത ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്താ ഈ കാണുന്നതൊന്നും ഞാനല്ല എന്നുറപ്പിക്കൂ അതാണ് ഈ കാണുന്നതൊക്കെ ജഡമൊന്നും ഞാനല്ല ജഡമൊക്കെ പ്രത്യേകം പ്രത്യേകം ഉള്ളതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞാനല്ല നേരെ മറിച്ച് ബ്രഹ്മത്തിലെ ഭ്രമമാണ് അതുകൊണ്ട് ഇവയൊക്കെ ബ്രഹ്മം തന്നെ എന്ന് അതാണ് ത്യാഗം അല്ലാതെ ഇവയൊന്നും ജയിച്ചിട്ട് ഋഷികേജ്ത്തേക്ക് ഓടിപ്പോകുന്ന ഒന്നുമല്ല ത്യാഗം അവിടെ ഒന്നും ചെന്നാൽ ത്യാഗമാവുകയില്ല ഈ ത്യാഗം കൊണ്ട് ച സർവ ഈശ്വരമേലെന്ന ശാസ്ത്രീയ സത്യം രാവകൾ ഉറപ്പിച്ച് എവിടെയായാലും യുദ്ധക്കാലത്തിലാവട്ടെ അടുക്കളയിലാവട്ടെ പാടത്താവട്ടെ ഉറപ്പിച്ചാൽ നമുക്ക് നമ്മെ കണ്ടെത്താൻ പറ്റും ഞാൻ ജ്യോതിസുകളുടെ ജ്യോതിസാണ് ജ്യോതിർജ്യോതിഹി പരം ജ്യോതി ജ്യോതിസുകളുടെ ജ്യോതിസാണ് ആത്മജ്യോതി ശിവസ്മ്യഹം ഞാൻ ആത്മജ്യോതിസാണ് ശ്രീശങ്കർ ഭഗവത്പാദർ ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതിയുടെ ഒടുവിൽ പറയുന്ന ശ്ലോകമാണ് ജ്യോതിസിന്റെ ജ്യോതിസാണ് ഞാൻ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിസാണ് ശിവോസ്മ്യഹം സർവപ്രപഞ്ചത്തിനും മംഗളമരളുന്ന ശിവനാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് ഉറപ്പിക്കുക ഒന്നും പേടിക്കാനില്ല ഒന്നും ഇതാണ് ഏകശ്ലോകയിൽ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം നീ ജ്യോതിസിന്റെ ഒക്ക ജ്യോതിസാണ് അവിടെ പറയുന്നത് ഭവാൻ പരമകം ജ്യോതിഷി കുഞ്ഞെ നീ തന്നെയാണ് അങ്ങേറ്റത്തെ തടസ്മിക് പ്രഭോ പ്രഭോ ശരി ഇത് ഉൾക്കൊള്ളുക ഒരു പ്രയാസമില്ല പറ്റുന്നിടത്തോളം ഓർമ്മിച്ചു പോവുക മറന്നു പോകുമ്പോ വീണ്ടും ഓർമ്മിപ്പിക്കുക അതാണ് അഭ്യാസം അർജുനന് പോലും കിട്ടിയത് ഓർമ്മയാണ് ഭഗവാനെ നഷ്ടവോ മോഹ എനിക്ക് മോഹം നഷ്ടപ്പെട്ടു നഷ്ടോമോഹ സ്മൃതിർലത്ത ഓർമ്മ ഞാൻ ഞാൻ ഈശ്വരനാണ് ഞാൻ ഈ ജഗത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ് എന്ന് ഓർമ്മ എനിക്ക് കിട്ടി നഷ്ടോമോഹ സ്മൃതിർലത്തുപ്രസാദാത്മയാച്യുത അങ്ങയുടെ കാരുണ്യമുണ്ട് എനിക്കാ ഒരു സൗഭാഗ്യം കിട്ടി ഇത് നമ്മളും ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതിനൊന്നും തടസ്സമല്ല കൃഷ്ണൻ പറയുന്നു സുസുഖം കറത്തും ചിടയ്ക്കിടയ്ക്ക് മറന്നുപോ അതല്ലാതെ ഞാൻ ചോദിക്കട്ടെ എന്താ നാല് കാശ് ചെലവില്ലല്ലോ ഇന്ന സ്ഥലത്തെയാകാവുന്നില്ല ഈ ഓർമ്മ ഞാൻ അഖനുണ്ട ബോധ ബ്രഹ്മമാണ് ഈ കാണുന്നതൊക്കെ അതാണ് എന്ന ഓർമ്മ നിലനിർത്താൻ ഇന്ന വ്യക്തിക്ക് പാടുള്ളൂ സ്ത്രീക്ക് പാടില്ല ഇന്ന പുരുഷന് പാടില്ല അങ്ങനെ ഒന്നും ഇവിടെ നിയമമില്ല കൊച്ചു കുഞ്ഞിനു പോലും ഇത് സാധിക്കും പ്രഹ്ലാദനും മറ്റും ആ മാതൃഗർഭത്തിൽ കിടക്കുമ്പോൾ ഈ വിദ്യ അഭ്യസിച്ച് വസത്താക്കിയതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അവർ പൂർവ പുണ്യം ചെയ്തവരാണെങ്കിൽ ഇത് സാധ്യമാവും അത് നമ്മ ഓർമ്മിപ്പിക്കുകയാണ് ഗുരുപാതർ ഈ ഏകശ്ലോകി എന്ന കൃതിയിലൂടെ ഈ ഏകശ്ലോകി ഇവിടെ ഒരു സി ഡി എടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കാനാണ് ഇവിടെ നമ്മുടെ അർപ്പണബുദ്ധിയുള്ള ചില ചെറുപ്പക്കാരുടെ ഉദ്യമം അതിന് കഴിയുന്നത്ര അതിൻ്റെ പ്രചാരണത്തിന് കഴിയുന്നത്ര എല്ലാവരും സഹായിക്കുക ജ്ഞാനസൂര്യം അരവിന്ദം ആത്മനോദേശികം ശിവപദപ്രബോധകം ഭാഷ്യകർമ്മത ലോകസംഗ്രഹം പാദപാദമിഹ നൗമി സങ്കരം ജ്ഞാനസൂര്യം ജ്ഞാനസൂര്യനുംസൂര്യം അരവിന്ദം അരവിന്ദക്ക് ജ്ഞാനസൂര്യനായിട്ടുള്ള ഹൃദയ അരവിന്ദത്തിന് ജ്ഞാനസൂര്യന അരവിന്ദത്തെ വിളർത്തുന്നത് സൂര്യനാണല്ലോ ആത്മനോദേശികം എന്റെ ഗുരുവായിട്ടുള്ളവനും ആത്മനോദേശികം ശിവപദപ്രബോധകം ശിവപദം വ്യക്തമായി കാണിച്ചു തന്നയാളും ശിവപദപ്രബവധകം ഭാഷ്യകർമ്മത ലോകസംഗ്രഹം ഭാഷ്യകർമ്മം നിർവഹിച്ച് ഗംഭീരമായ ലോകസംഗ്രഹം നടത്തിയവനുമായ ഭാഷ്യകർമ്മകൃത ലോകസംഗ്രഹം പാദപാദമിഹ നവമി ശങ്കരം അങ്ങനെയുള്ള ശങ്കരനെ അദ്ദേഹത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നമുക്ക് നമസ്കരിക്കാം ആ ഈ മാർഗത്തിൽ മുന്നോട്ടു പോകാനുള്ള കഴിവ് നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം ഇനി നമുക്ക് ഇരുപത്തൊൻപതാം തീയതി വ്യാഴാഴ്ച അഞ്ചര മുതൽ ആറര വരെ ഓർമ്മിച്ചുള്ള അഞ്ചര മുതൽ ആറര വരെ ഗുരുദേവന്റെ ഗംഭീരമായ ഒരു വേദാന്തഗതിയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കും ആഴ്ചയിൽ നാല് ദിവസമേ ഉണ്ടാവൂ ഞായം ഞായർ ഞായർ ചൊവ്വ വ്യാഴം ശനി ഇടയ്ക്ക് ശനി ഞായർ മാത്രം തുടർച്ചയായിട്ടുണ്ടാകും അത് ഞായറാഴ്ച ഒമ്പതര മുതൽ പത്തര വരെ മറ്റു ദിവസങ്ങളിലെല്ലാം അഞ്ചര മുതൽ ആറര വരെ തീയതി വ്യാഴാഴ്ച നമുക്ക് മുന്നോട്ട് പോവാം എത്തുന്നിടത്തെത്തട്ടെ ലക്ഷ്യം വിട്ടുപോകാതിരിക്കുമെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല ഒന്നും അതിന് ഭഗവാൻ കാരുണ്യം ചുരിയത്ത് നമസ്കാരം